നൂഹ അലിഹിസലാമിന് അവനുപദേശിച്ചതും നിനക്ക് ഞങ്ങൾ വെളിപ്പെടുത്തിയതും ഇബ്രാഹിം അലഹിസ്സലാമിനും മൂസ അലിഹിസ്സലാമിനും ഐസഅ അലൈഹിസലാമിനും ഞങ്ങൾ ഉപദേശിച്ചതുമായ ദീൻ അവൻ നിങ്ങൾക്ക് നിയമമാക്കിത്തന്നു അത് നിങ്ങൾ ദീൻ മുറുകെ പിടിക്കുക അതിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് മുഷിരിക്കുകൾക്ക് നീ അവരെ ക്ഷണിക്കുന്ന കാര്യം വലിയ ഭാരമായി തോന്നി അള്ളാഹുസുബ്ഹാനഹുവഅല താൻ ഉദ്ദേശിക്കുന്നവരെ തന്നിലേക്ക് തെരഞ്ഞെടുക്കുന്നു മടങ്ങുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു